ൂ അലാ അളവറ്റ അരുളളനും നികരറ്റ അൻപടയോനുമാകിയ അല്ലാഹുര നബിയേൽ അവരമ്പത്തിൽ തലാഖ് കൂറി ഇത്താവ കണിത്തക്കൊള്ളു ഇവനാകിയ അല്ലാഹ് അഞ്ചിക്കൊള്ളു തവര അപ്പെണ്ണുകൾ ബഹിരംഗമായ മാനക്കേടാന കാര്യത്തെ അന്റി അവൻ വീടുകളിലിന്ന് വെളിയേറ്റീൻ അവർ വെളിയേറല വിധി വരമ്പു എവർ അല്ലാഹുമായി മീറുകാരോ അവർ തടമാ തമുക്ക് താമേ അനുയായം ചെയ്തു കൊള്ളുക ഏന കൂടിവാൾ വാഹന പിന്നും അല്ലാഹ് ഏതാവഴിയെ ഉണ്ടാക്കലാം അറിയ മാറ്റീ ആകെ അവർ തങ്ങൾ ഇതാവും തവണയെ നെരുങ്ങിനാൽ അപ്പോഴു മുറപ്പടി മനവിയരായി അവർ നെറ്റ് കൊള്ളു അല്ലെങ്കിൽ മുറപ്പടി അവർ പ്രിത്ത് വിട്ടുവിടുങ്ങൾ അന്നെയും ഉള്ളിൽ ന്യായമുടയ ഇരുവരെ സാക്ഷിയാ വയ്ക്കൊള്ളു സാക്ഷ്യത്തെ അല്ലാഹുക്കേർമയ നിലപെടുത്ത അല്ലാഹെയും മറന്നെയും വിശ്വാസം കൊണ്ടിരുന്നോക്ക് നോദന ചെയ്യപ്പെടുക തവര എവർ അല്ലാഹുക്ക് അഞ്ചി നടക്കുന്നോ അവരുക്ക് അവൻ തക്ക ഒരു വഴിയെ ഉണ്ടാക്കുവാണ് അത്തയവർക്ക് അവർ എണ്ണിയില്ലാത പുറത്തിലിരുന്ന് അവൻ ഉണവ് വസതകളെ അളിക്കാൻ എവർ അല്ലാഹവൻ മീത് നമ്പിക്കൊണ്ട് അവനെ മുറ്റിലും സാർന്നാരോ അവൻ പോവയമാ അല്ലാഹ് തൻ കാര്യത്തെ നെവാൻ സിന്നമാ അല്ലാഹ് ഒവ്ക്കും ഓർ അളവ ഉണ്ടാക്കി വയ്ത്തും ഉള്ള പെണ്ലിൽ എവറും മാതവിടായും നമ്പിക ഇളന്ന് അവൾ അപ്പെണ്ണൂർ മാതവിടായേ ഏർപ്പെടാ പെൺകുട്ടിക്കും ഇത്താവുന്ന തവണ മൂന്ന് മാതും തവര ഗർപ്പമുടിയ പെൺകുട്ടികൾക്ക് അവർ ഇതാവും തവണ അവർ പ്രസവിക്കും വരെയാകും എല്ലാഹുക്ക് അഞ്ചി നടക്കാറോ അവരുടെ കാര്യത്തെ അവൻ എളിതാക്കാൻ ഇതുവേ അല്ലാഹുവൻ കട്ടളയാകും ഇതെ അവൻ ഉള്ളി അരുളിനാൻ എവർ അല്ലാഹുക്ക് അഞ്ചി നടന്നുകൊളകാരോ അവരെ അവരുടെ പാവങ്ങളെ വിട്ടും നീക്കി അവരുടെ നക്കൂലിയയും മകത്താനാക്കും ഉൾ ശക്തിക്ക് ഏർപ്പ് കുടിയെടുക്കും ഇടത്തിൽ ഇത്താവിലിണകളെ കുടിയെടുക്കു അവർക്ക് നെരുക്കടി ഉണ്ടാക്ക അവക്ക അവർ ഗർപ്പമുടയായി അവർ പ്രസവിക്കും വരെ അവലവ് ചെയ്യുണ്ടും അവർ ഉൾപ്പെടുത്തു പാലൂട്ടിനാൽ അതാണ് കൂലിയ അവ കൊടുത്തുവിടുങ്ങി ഉണ്ടുമയ പേശി മുടി കൊള്ളുങ്ങൾ ആനാ ഇത് പറ്റി ഉണ്ടു സ്രമം ഏർപ്പെട്ടാൽ അക്കുഴയ്ക്ക് മറ്റൊരുത്തി പാൽ കൊടുക്കലു തക്ക വസതി ഉടയവർ തം വസതിക്കേപ്പ് വിഷയത്തിൽ ചെലവ് ചെയ്തു കൊള്ളവും ആണോ എവർ മീത് അവരുടെ ഉണു വസതി നെരുക്കടിയാക്കുള്ളതോ അവർ തമക്ക് അല്ലാഹ് കൊടുത്തതിലിന് കൊള്ളവും എന്ത ആത്മാവെയും അല്ലാഹ് അതൊക്കെ കൊടുത്തില്ല മികവു ചെയ്യുംപടി സ്രമ പെടുത്ത മാറ്റത്തു പിന്നെ അല്ലാ അതിവ്രൈവിൽ ഇലകൈ സുഖത്തെ ഉണ്ടാക്കി അരുൾവാൻ എത്തനെയോ ഊറാറുണ്ടോ തം ഇറവനുടയുമ അവനുടേ തൂതകളുടും കട്ടളക്ക് മാറുവാൻ നാം വെ കടുമയ അവയവംയ അനുഭവിച്ച് കൊണ്ടിയും അവരുടെ മുടിവും നഷ്ടമാകേ ആയി അല്ലാഹ് അവ കമായ വേദനയെ മറന്നിട്ടാണ് ആകെ ഈമൻ കൊണ്ട് അറിവുടയോരേ അല്ലാഹവേ അഞ്ചു നടന്നുകൊള്ളുകൾ തട്ടു അല്ലാഹ് ഉനെ ഉറത്തും ഇവ് ഉപദേശത്തെ ഇറക്കി വയ്ക്കുന്ന ഒരു തൂതരെയും അവൻ അനപ്പി വർ അല്ലാഹുടേ വചനങ്ങളെ ഉണ്ടു ഓടിക്കാൻ പാർട്ടി ഈമൻ കൊണ്ട് സാലികാ നല്ല അമലുകൾ ഇരു കളിൽ ഒളിയും പക്കം കൊണ്ട് വരുവും എവർ അല്ലാഹുവ മീഡിയ ഈമൻ കൊണ്ട് സാലികാ നല്ല അമൽ അവരെ അല്ലാഹ് സുവന ചോളുകളിൽ പ്രവേശിക്കീഴേ ആറ് ഓടിക്കൊണ്ടിരിക്കും ഇരുപ്പ് അല്ലാഹ് അവട ഉണ അതാ ഏഴു വാനങ്ങളെയും ഇന്നും ഭൂമിയ അവലവും പഠിച്ചാണ് നിശ്ചയമ് എല്ലാ പൊരുക്കൾ മീതും ശക്തി ഉടയവൻ എന്നതയും നിശ്ചയമാ അല്ലാഹ് തൻ ഞാനത്താൽ എല്ലാ പൊരുക്കളെയും സൂർന്നിരിക്കാൻ എന്തെയും നിങ്ങൾ അറിഞ്ഞകൊള്ളാ അവാനങ്ങൾ ഭൂമിയും ഇടയേ അവൻ കട്ടള